അല്ല രണ്ട് കപ്പലുകൾ കണ്ടല്ലോ നാം ഇവകളെ പാർട്ട് കൊണ്ടുതന്നോ ഹൃദയത്തിൽ കൂടെ നാ പകൊള്ള വരും ഇത് കണ്ടപ്പോൾ എന്റെ ഹൃദയത്തിൽ ദൈവം നൽകിയ ചില വചനങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ ഉങ്ങളോട് കൂടെ നേരെയായി ഉ കേക്കെ ഞാൻ വളരെ അഭിമുഖമായി നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ അരുമയാണ് വാഴ് പിള്ളേളെ അറിവ് ബാനഗൈൻ പുറിയ കുഞ്ഞുങ്ങളെ നിങ്ങൾ വീണ്ടും ജനിച്ചവരാണോ നിങ്ങൾ മറുപടിയും പിന്നവരായിപ്പീറാനാണ് ഇന്ന് ഷിപ്പ്ക്കുള്ള ഗ്രൈഡ് ആഫ് ക്രൈസ്റ്റ് ആണ് പേഴേക്ക് ഉള്ളേ വര മുടും വീണ്ടും ജനനം പ്രാപിച്ചവരാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചോളം ഈ പ്രൈഡ് ഓഫ് ക്രൈസ്റ്റ് എന്ന ആ കപ്പലിൽ നിങ്ങൾക്ക് പ്രവേശിക്കുവാനായിട്ട് കഴിയും രണ്ട് കപ്പലിൽ തന്നെ നിങ്ങൾ ഏതെങ്കിലും രണ്ട് ഈ രണ്ട് കപ്പലിൽ ഏതെങ്കിലും ഒരു കപ്പലിലേ നിങ്ങൾക്ക് യാത്ര ചെയ്യുവാൻ കഴിയുകയുള്ളൂ ഇല്ലവന പേഴയിൽ ഒന്നുകിൽ നിങ്ങൾ ലോകത്തിൻ്റെ കപ്പലിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പെട്ടകമായ ദൈവത്തിൻ്റെ കപ്പലിൽ നിങ്ങൾ കൂടെ ഒപ്പുറവാക്കി വിട്ടിരിക്കാ നിങ്ങൾ ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചുവോ ലാസ്റ്റ് സെവിസായിക്കും അൻപോട് വേണ്ടുകൾ ശ്രദ്ധാപൂർവം എന്നെ കേൾക്കുവാനായിട്ട് സ്നേഹത്തോടെ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു ബാനഗൈൻ എക്സ്പീരിയൻസ് എടുക്കണം ഈ കോൺഫറൻസിൽ നിങ്ങൾക്ക് വീണ്ടും ജനനത്തിൻ്റെ ഒരു അനുഭവം ഉണ്ടാകണം ഇന്ന് മീറ്റിങ്ങിൽ നിങ്ങൾ ഒപ്പുറവായി കൂടെ നിങ്ങൾ ഒപ്പുറവായി ഈ മീറ്റിങ്ങിൽ ദൈവത്തോട് നിങ്ങൾ നിരപ്പ് പ്രാപിക്കുക ഹോംസ്ലാം ഒരു പക്ഷേ കൃഷ്തി കുടുംബത്തിൽ ജനിച്ചവരായിരിക്കും ഉം ചർച്ചിലെ മാതാപിതാക്കൾ സഭയിലായിരിക്കാം സഭയിലേ പെന്ത സഭയിലേർ സഭയിൽ വളർന്ന മക്കളായിരിക്കാം നിങ്ങൾ മറുപടിയും പിന്നെ ഷിപ്പുകൾ വര മു ജനനം പ്രാപിക്കാതെ നിങ്ങൾക്ക് ആ കൃസ്തുവിന്റെ മണവാട്ടി എന്ന ആ കപ്പലിൽ നിങ്ങൾക്ക് പ്രവേശനമില്ല നിങ്ങൾ മറുപടി പിറന്തേ ആകൾ വീണ്ടും ജനനം ോട് നിങ്ങൾ മിത്രമായി മാറണമെങ്കിൽ ദൈവത്തിന് നിങ്ങൾ ശത്രുവാണ് എന്ന് നിങ്ങൾ ഒത്തുകൊണ്ട സമ്മതിക്കണം ഒരു മൂന്ന് വസനങ്ങൾ മൂന്ന് വാക്യങ്ങൾ രണ്ടാമത് ഷിപ്പിലെ പാർട്ടത് പോലെ നിങ്ങൾ രണ്ടാമത്തെ കപ്പലിൽ കണ്ടതുപോലെ 21 മനസ് കൊണ്ട് അകും ശത്രുക്കളും നിങ്ങളെ ഒന്ന് ഒന്നുകിൽ ഞാൻ ഈ ഒരു രീതിയിൽ ഞാൻ ദൈവത്തിന് ശത്രുവാണ് വലിയ പാപങ്ങൾ എന്ന ആ പട്ടിക നാം അവിടെ വായിക്കുകയുണ്ടായി അല്ലെങ്കിൽ ചെറിയ പാപങ്ങൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ അമ്യൂസ്മെന്റ് ഉല്ലാസങ്ങൾ വിനോദങ്ങൾ ഇപ്പിപ്പെട്ടതാണ് ഒരു മനുഷ്യൻ ശത്രുവാർക്കും ഇപ്രകാരമുള്ള ദുഷ്പ്രവൃത്തികളാൽ ഒരു മനുഷ്യന് ദൈവത്തോട് ശത്രുവായിരിക്കുവാൻ കഴിയും അരുമയ മകളാ മകനാ ഒന്നിടത്തിൽ നാമത്തിനാലേ ദേവനുടേ ശത്രു ആ രണ്ടാമത്തെ കപ്പലിൽ കണ്ട ആ തരത്തിലുള്ള കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ നീ ദൈവത്തിന് ശത്രുവാണ് എന്ന് ഞാൻ നിന്നോട് പറയട്ടെ നീ ദേവ രാജ്യത്തുക്ക് പുറമേ ഇരിക്ക രാജ്യത്തിന്റെ പുറത്താണ് ശത്രുമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ ി ശ്രീ ലോകത്തിന് ഇപ്രകാരം ഞാൻ ഒരു സ്നേഹിതനായി തുടരുന്നു എങ്കിൽ ഞാൻ വ്യഭിചാരണിയാണ് ദൈവത്തിന് ശത്രുവാകുന്നു എന്ന് ദൈവവചനം എന്നാ നീ ശത്രുവായിരുന്ന ജീവിതകാലം കഴിച്ചതും മതിനാട് കാലത്തിൻപടി പിഴത്തത് പോതും നീ നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഇപ്രകാരം ജീവിച്ചതും നിങ്ങളുടെ കാര്യം എന്താണെങ്കിലും നിങ്ങളുടെ ജീവിതം എന്താണെങ്കിലും നിങ്ങളുടെ ജീവിതത്തെ ക്ഷമയോട് നിങ്ങളുടെ ജീവിതത്തോട് കരുണ കാണിക്കുവാൻ ദൈവം കഴിവുള്ളവനാണ് എട്ടാം അധികാരത്തിൽ നാം ഏഴാം വശത്തിൽ മാംസ സിന്ദൈ ദൈവക്കുരോധമാന പഗൈ എന്ന് വാസിക്കുന്നു. റോമർക്കുള്ള നിർബം റോമൻ ചാപ്റ്റർ 8 വെർസ് 7 ജഡത്തിന്റെ ചിന്ത മരണം എന്ന് നാം അവിടെ വായിക്കുന്ന ഏഴാം വാക്യം. ദേ മാംസ സിന്ദൈ ദൈവക്കുരോധമാന പഗൈ. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകും. നിങ്ങൾ നെഞ്ചിറ്റിട്ട് ഇരിക്കാം ഉള്ളരെ, నా മനസ്സ് കുളരെ என்ன நினைச்சிட்டு இருக்கலானா? എന്താണ് ഞാൻ ഹൃദയത്തിൽ ചിന്തിക്കുന്നത് എന്ന് നിങ്ങൾ ഒരുപക്ഷേ ചിന്തിച്ചേക്കാം. ఏంట దుర్కిరీయే இல்ல നിങ്ങൾ ചിന്തിക്കുന്നത് ഞാൻ പറയാം എന്റെ ജീവിതത്തിൽ ദുഷ്പ്രവൃത്തിയില്ലേ വലിയ വലിയ പാപങ്ങളൊന്നുമില്ല വിഭചാരം അല്ലേ ഞാൻ അപ്രകാരമുള്ള വ്യഭിചാരം ചെയ്യുന്ന വ്യക്തിയല്ല ആണല്ലേ എന്നിന്തയിലേ ഞാൻ പാവം ചെയ്യാൻ എന്നാൽ എന്റെ ചിന്തയിലാണ് ഞാൻ പാപം ചെയ്യുന്നത് പാർവയിലെ എന്റെ നോട്ടത്തിലാണ് ഞാൻ പാപം ചെയ്യുന്നത് എന്നെന്തയിലെ അഴുക്കാർക്കേ പാവമാർക്കേ ഫിൽത്തി എന്റെ ചിന്തയിൽ എന്റെ ഹൃദയത്തിൽ ഉയരുന്നു ഒരു ഡിസൈർ പണ്ടേ ഞാൻ എതിർ ലിംഗത്തിലെ ഒരു വ്യക്തിയുടെ ശരീരത്തെ ആഗ്രഹിക്കുന്നവരാണ് ആഗ്രഹിക്കുന്നവരാണ് യാത്രയും ആപ്പോസിറ്റ് സെക്സ് ഞാൻ എതിർ ലിംഗത്തിലെ ഒരു വ്യക്തിയെ തുടർന്നില്ല സഭയിലെ വിഷയങ്ങളെ പോർണ സൈറ്റ് അറിയലെ ഞാൻ സഭയിൽ പല കാര്യങ്ങൾ കേട്ട് ഒരുപക്ഷേ ഈ പോണോഗ്രാഫിക് അശ്ലീല ചിത്രങ്ങൾ ഉള്ള വെബ്സൈറ്റുകളിൽ ഞാൻ പോകുന്നില്ല ഒന്നും എൻ്റെ കയ്യിൽ ഇല്ല ഞാൻ ചെയ്യുന്നില്ല പാർവയിൽ പാപമിക്ക് നിന്റെ ചിന്തയിൽ നിന്റെ നോട്ടത്തിൽ പാപമുണ്ടെങ്കിൽ അവിടെ വ്യഭിചാരമുണ്ടെങ്കിൽ അറുകാമയിൽ വയസ്സു കൊത്ത പെൺകുളുടെ ശരീരത്തിന് ഇച്ചിപ്പായാണാൽ നിന്റെ അരികെ ഇരിക്കുന്ന സ്ത്രീകളുടെ ശരീരത്തെ സഹോദരികളെ ഇച്ഛിപ്പതില്ലേ ചിലർ സഭയിലുള്ള സഹോദരിമാരെ അപ്രകാരം മോഹിക്കാറില്ല ഏനാ ഇങ്ങനെ അവരുടെ കൺ പാർവയ കാരണം ഇവിടെ നോക്കിയാൽ നിങ്ങളുടെ കണ്ണിന്റെ നോട്ടം മറ്റവർ കാണും തായ്താ പണ്ട പോയില്ലിടുവാങ് അവർക്ക് അവരുടെ എല്ലാം അസുദ്ധം അവരുടെ ചിന്തകൾ മുഴുവൻ അശുദ്ധമാണ് ശത്രു അങ്ങനെയുള്ളവർ ദൈവത്തിന് ശത്രുവാണ് പകൈ ഉലക സ്നേഹം ആ പകൈ ലോക സ്നേഹം ദൈവത്തിന് ശത്രുത്വമാണ് പകൈ ചില പാപ പ്രവർത്തികളിൽ തുടരുന്നത് ദൈവത്തോട് ശത്രുത്വമാണ് രാത്രിയിലെട്ട് പോകുമ്പോഴേക്ക് ശത്രുവ പോ ഈ കോൺഫറൻസിൽ നിങ്ങൾ പങ്കെടുത്ത് പോകുമ്പോൾ നിങ്ങളൊരു ശത്രുവായിട്ടാണോ ഇവിടെ നിന്ന് പോകേണ്ടത് നിങ്ങളോട് എല്ലാവർക്കും ഇറക്കമായി എല്ലാവരോടും അഞ്ചാം അധ്യായത്തിൽ ആറാം വസനത്തിൽ ആറാം വാക് മുതൽ ക്രിസ്തു ബലനെട്ട് ആയിരിക്കുമ്പോൾ ക്രിസ്തു അക്രമക്കാർക്കാമോ ബലഹീനായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് എട്ടാം നമുക്കായി മരിത്താ ക്രിസ്തു പാപികളായിരിക്കുമ്പോൾ കുമാരനെ മരണത്തിൽ അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു പ്രിയമാണ് രക്തം അവൈലബിൾ ആർക്ക് പ്രിയമുള്ളവരെ യേശു രക്തം നിങ്ങൾക്ക് വേണ്ടി ലഭ്യമാണ് മുത്തി ആറാം അധ്യായം ശത്രു നിങ്ങളെ കുറിച്ച് ദൈവത്തോട് ശത്രുവായിരിക്കുന്ന ഇടത്തോളം നിനക്കെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് നിത്യേട് ൾവശമായിരിക്കും <laughs> <laughs> <laughs> ോ ശത്രു നിങ്ങളെ കുറിച്ച് ഇപ്രകാരം നന്നായി എന്ന് പറയണമോ ദേവനുക്ക് എത്ര മാത്രം ദുഃഖമുണ്ട് പോകുന്ന ദൈവജനം തടവിലായി പോകുന്നതിനെ കുറിച്ച് ദൈവത്തിന് എത്രമാത്രം ദുഃഖമുണ്ട് ക്രിസ്തുവിന്റെ രക്തം നമുക്ക് ഈ ലോകത്തിന്റെ കാലഗതി ആകാശത്തിലെ അധികാരത്തിനും മനസ്സിലേടിന്റെ മക്കളിലും വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെ അനുസരിച്ച് നടന്ന ആളുകളെ കുറിച്ച് അവിടെ പറയും ജഡത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തു കൊണ്ട് നടക്കുന്നവർ കോപാകമോ നീ ശത്രുവായ ശത്രുവായ ശത്രുവായി തുടരണമോ വേണ്ട കുറിച്ച് ശത്രു നിന്നെ കുറ്റം പറയാതിരിക്കട്ടെ തുമ്പേ ദൈവമേ ഞാൻ മനസ്സാന്തരപ്പെടുത്തുന്നുണ്ടേതും ആ ചെറുപ്പക്കാർ നടക്കുന്ന ആ രീതിയിൽ ഞാൻ ജീവിച്ചതും മതി ആഹായത്തുടിക്കേറ്റി നടന്നുകൊണ്ടത് പോകാശത്തിന്റെ അധികാരങ്ങൾക്ക് അധിപതിയായവന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ നടന്നതും മതി மனசு மாம்ச விருமினவுகளை செய்து போதம் ஆண்டவரே என் மனோவிகாரங்களுக்கு ഇഷ്ടമായது நான் செய்து கொண்டு જીவித்ததுまで இந்த பாவியின் மேல் இரக்கம் ஐரோம் ஈ பாவியோடு அங்க கர்ண தோணேன் நம்ம இரத்தத்தால इन्हे கழுவும் அங்கோட இரத்தத்தால इन्हे கழுவு நான் உம்மோடு கூட ஒப்பரவாக விரும்புகிறேன் ஆண்டவரே அங்கோடு நிரப்பு പ്രാபிக்கവാൻ நான் ஆഗ്രഹിക്കുന്നു தேவனே நான் உம்மோடு கூட ஒப்பரவாக விரும்புகிறேன் அங்கோடு நான் நிரப்பு പ്രാபிக்கവാൻ நான் ஆഗ്രഹിക്കുന്നു பிரியமானவரே தேவன் இப்படி நீங்கள் ാണ്വൻ സുമാർക്ക് പിന്നാൾ പിന്നാൽ അതിനുശേഷം അവസാന ഭാഗത്ത് നാം വായിക്കുന്നു അഴിത്തു ഞാൻ പുതിരു ഹൃദയം പുതിയ പുതിയ ആത്മാവിനെ ഹൃദയത്തെ നിങ്ങളുടെ ജഡത്തിലും പഴയ മനുഷ്യനെ ി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും ഞാൻ എന്റെ ആത്മാവിനെ ഒരു ഹൃദയത്തെ തുറന്ന് പ്രാപിക്കും ദൈവമേ ഞാൻ അങ്ങേക്ക് ശത്രുവായിരുന്നു പിള്ളിയായിരുന്നത് എന്നെ കുറിച്ച് ും എവത്തോട് നമുക്ക് ോട് നാണ്ടവരേ ശത്രുവു ദൈവമേ ഞാൻ അങ്ങയോട് ശത്രുവായിരുന്ന ജീവിതം എനിക്ക് മതി എന്നുള്ള ഹൃദയത്തെ ഹൃദയത്തെ താങ് എനിക്ക് എന്റെ കർത്താവ് മനസ്സിനും എന്റെ മാംസത്തിന്റെയും ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ജീവിച്ചത് മതി രാത്രി ആണ്ടവര് അങ്ങയോട് താറും എന്നെ രക്ഷിക്കണം കർത്താവ് േ എനിക്ക് കൽവറിൽ രക്തം സിന്താവേ ഇത്രുവീസാക ീരാണ്ടാവേജനായ എനിക്ക് വേണ്ടി ഈ ശത്രുവിനു വേണ്ടി കർത്താവേ കാ സമാധാനം ആണ്ടവരെ ശത്രുവായി എന്നെ ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുവാനായി നീ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നല്ലോ ഉമക്ക് നന്റിയേക്ക് ഉമ്മിൽ കർത്താവെ ഞാൻ ോ നിങ്ങൾ ദൈവത്തോട് അരുമയ സഹോദരിയെടുപ്പ് എതിര <Sessantan> ഹൃദയത്തിൽ ഒരു ദാനമായി നിനക്ക് മനസ്സാന്തര്യത്തെ നൽകുവാൻ ദൈവം ആഗ്രഹം നിങ്ങളുടെ വായെ തുറന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവമേ ഞാൻ ജീവിച്ചത് മതി സമാധാനം രാത്രി പ്രാപിക്കട്ടെ ോട് കരണത് തോന്നിയാണ് യശുവേ ൂഷൻ മേൽ ക്രൂഷൻ മേൽ കാണുന്ന ദരിതാ ക്രൂഷൻ മേൽ കാണുന്ന ദരിതാ പ്രാണനാതെ പ്രാണനാ ഏർ കാ കുണ പ്രാണേർക്കു ലോകത്തെ സ്നേഹപ്ഞാനി പോകുമോ ലോകത്തെ സ്നേഹി ജീവിക്കും ഈ ക്യാമ്പിൽ കേട്ട പല വചനങ്ങളും പലപ്പോഴും നിങ്ങളെ സ്പർശിക്കാതെ ഇതുവരെ കടന്നു പ്രിയ ചെറുപ്പക്കാരാ പ്രിയ ചെറുപ്പക്കാരി നീ ഗ്രഹിച്ചുകൊള്ളുക നിന്റെ ഹൃദയം ഇതുവരെയും മാംസമായിരുന്നില്ല യേശു ക്രിസ്തു നിന്റെ ഹൃദയത്തെ തൊടുവാനായിട്ട് നീ അനുവദിക്കാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഈ രാത്രിയിൽ ദൈവത്തിന്റെ സ്നേഹത്തെ നീ ഓർക്കുക കാൽവരി ക്രൂശിൽ നമുക്കായി യാഗമായി തീർന്ന കർത്താവ് അവിടുന്ന് രക്തം ചിന്തിയത് അടിയേറ്റത് തൻ്റെ കരങ്ങളിൽ തൻ്റെ കാലുകളിൽ തൻ്റെ തലയിൽ മുൾക്കിരി കർത്താവ് ആ കാൽവരി ക്രൂശിൽ പിടിഞ്ഞു മരിച്ചത് ജീവിതം നമുക്ക് അർപ്പിച്ച് ഈ ഭൂമിയിൽ വന്ന് ജീവിച്ചത് നിന്നെയും എന്നെയും നമ്മെ ഓരോരുത്തരെയും രക്ഷിക്കുവാൻ വേണ്ടിയാണ് നമ്മെ വീണ്ടെടുക്കുവാനായി വേണ്ടിയാണ് കർത്താവിന്റെ ആ സ്നേഹം കർത്താവ് ദൈവം നമ്മെ സ്നേഹിച്ച് സ്വപുത്രനെ നമുക്ക് നൽകി മുഴുവനും ദൈവം നമ്മെ നൽകി തൻ്റെ പുത്രനെ നൽകി ദൈവം നമ്മെ സ്നേഹിച്ചു ഹാലും നമുക്ക് കർത്താവിനെ വാക്കുകളിലല്ല സ്നേഹിക്കേണ്ടത് ഇന്ന് രാത്രി നമ്മുടെ ഹൃദയത്തെ തുറന്ന് നമുക്ക് ദൈവത്തോട് പറയാം കർത്താവെ കഴിഞ്ഞ നാളുകളിൽ ഞാൻ എൻ്റെ വാക്കുകളിൽ പലതരത്തിലുള്ള അഭിനയങ്ങളിലൂടെ കർത്താവെ ഞാനൊരാത്മീയനായിട്ട് ഞാൻ നടിച്ചു കർത്താവെ എൻ്റെ പാവങ്ങളെ എന്നോട് ക്ഷമിക്കണമേ എൻ്റെ കാപട്യത്തെ എന്നോട് ക്ഷമിക്കണമേ എൻ്റെ കല്ലായുള്ള ഹൃദയത്തെ നീക്കി കർത്താവെ മാംസളമായുള്ളൊരു ഹൃദയത്തെ എനിക്ക് നൽകണമേ കർത്താവേ യേശുവെ നാഥ അങ്ങനെ ഹൃദയത്തിലേക്ക് കടന്നു എൻ്റെ പാപങ്ങളെ അങ്ങ് ക്ഷമിക്കണമേ കർത്താവ് മറ്റാർക്കും അറിഞ്ഞുകൂടാത്ത എന്നെ സഭയിലെ മൂപ്പന്മാർക്ക് അറിഞ്ഞുകൂടാത്ത ഇവിടെയുള്ള സഹോദരന്മാരോട് ആരോടും ഞാൻ പറയാത്ത പല പാരങ്ങൾക്കും പാപങ്ങൾക്കും ഞാൻ അടിമയാണ് കർത്താവേ അങ്ങ് കർത്താവെ എന്നോട് ക്ഷമിക്കണമേ അങ്ങയുടെ സ്നേഹത്താൽ ഹൃദയത്തെ ഒരുക്കണമേ കർത്താവേ ഹൃദയത്തെ നീക്കി കർത്താവ് എനിക്ക് ഹൃദയത്തെ മാറ്റി മാംസമായ അങ്ങേക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഞാൻ വിട്ടുകളാണ് കർത്താവ് അങ്ങേ വേദനപ്പെടുത്തുന്ന ആ ബന്ധത്തെ വിച്ഛേദിക്കുവാൻ ഞാൻ തയ്യാറാണ് അങ്ങേ വേദനപ്പെടുത്തുന്ന ഈ കാര്യം കർത്താവെ ഉപേക്ഷിക്കുവാൻ ഞാൻ തയ്യാറാണ് അങ്ങയുടെ സ്നേഹത്തെ ഞാൻ കാണുന്നു കർത്താവെ എന്റെ ഇമ്പങ്ങൾക്ക് എന്റെ വഴിക്ക് ഞാൻ പോയത് ഞാൻ മതിയാക്കുന്നു കർത്താവെ അങ്ങയെ പിൻപറ്റുവാൻ ഞാൻ ഇന്ന് ഞാൻ തുടങ്ങുന്നു യേശുവിനെ എന്റെ ഹൃദയത്തിൽ നാഥനും രക്ഷകനും നാഥനുമായി ഞാൻ സ്വീകരിക്കുന്നു നിങ്ങളിൽ ആരെങ്കിലും ഈ രീതിയിൽ യഥാർത്ഥത്തിലുള്ള വീണ്ടും ജനനത്തിന്റെ അനുഭവം ഇല്ലാത്ത ആരെങ്കിലും ഒരുപക്ഷെ പല ക്യാമ്പുകളിൽ നിങ്ങൾ വന്നിട്ടുണ്ടാവും നിങ്ങളുടെ മീറ്റിങ്ങുകളിൽ നിങ്ങൾ സാക്ഷ്യം പറയുന്നവരായിരിക്കും എന്നാൽ നിങ്ങളുടെ ഹൃദയത്തിൽ യേശുവിനോട് ഇപ്രകാരം ഒരു വ്യക്തിപരമായ ബന്ധത്തിലേക്ക് നിങ്ങൾ കടന്നു വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇന്ന് രാത്രി അപ്രകാരം കടന്നു ശാന്തമായി നിങ്ങൾ നിൽക്കുന്ന നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക കർത്താവേ കർത്താവെ എനിക്ക് യഥാർത്ഥത്തിൽ അങ്ങയുടെ മകനായി കർത്താവേ എനിക്ക് ജീവന്റെ ഒരു അനുഭവത്തിലേക്ക് എനിക്ക് കടന്നു വരണം പലപ്പോഴും ദൈവവചനത്തിൽ എനിക്ക് താല്പര്യം തോന്നുന്നില്ല പ്രാർത്ഥിക്കുവാൻ എനിക്ക് താല്പര്യം തോന്നുന്നില്ല കർത്താവേ ഞാൻ യഥാർത്ഥത്തിൽ എനിക്ക് ജനനം സംഭവിച്ചിട്ടില്ല അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ ജനിച്ച കുഞ്ഞിന് പാലിനോട് താല്പര്യമുണ്ട് നമുക്ക് പലപ്പോഴും ജനിക്കാത്തതുകൊണ്ടാണ് നമുക്ക് പല താല്പര്യക്കുറവുമുള്ളത് നമുക്കിന്ന് ദൈവത്തിന്റെ സ്നേഹത്തിന് മുമ്പിൽ നമുക്ക് അടിയറവ് പറഞ്ഞ് നമ്മുടെ ജീവിതത്തെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക ഹാലേ ലൂയ്യ ഹാലേ നിങ്ങൾ ശബ്ദമുയർത്തി ഒരു പക്ഷേ നിങ്ങൾ കർത്താവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിച്ചവരാണെങ്കിൽ ഇന്ന് വീണ്ടും ആഴമായ ഒരു സമർപ്പണത്തിനായിട്ട് നിങ്ങളെ തന്നെ തുറന്നിടുക ജീവിതത്തിന്റെ എല്ലാ കോണുകളിലേക്കും അങ്ങയുടെ ആധിപത്യം കടന്നുവരണമേ എന്ന് നിങ്ങൾ പറയുക പക്ഷേ നിങ്ങൾ വീണ്ടും ജനിക്കാത്തവരാണെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കർത്താവിനെ സ്വീകരിക്കുക നിങ്ങളുടെ കരങ്ങളെ ഉയർത്തി നിങ്ങളെല്ലാവരും കുഞ്ഞുങ്ങളെല്ലാവരും നിങ്ങൾ ശബ്ദമുയർത്തിന് എല്ലാ കോണുകളിലേക്ക് അങ്ങിറങ്ങി വരണമേ എന്ന് നിങ്ങൾ പറയുക നാം നേരത്തെ വായിച്ചു നാം നിറഞ്ഞിരിക്കുന്നവരാണെങ്കിൽ കഴിയുകയില്ല Jesus hallelujah. Praise, you, hallelujah praise you father praise you hallelujah praise you father praise, praise you father നിങ്ങൾ ആരെങ്കിലും ഒന്ന് രണ്ടോ ചെറു പ്രകാര ശബ്ദമീർത്തി പ്രാർത്ഥിച്ചടേ യെസ് ശലഭ സമയം പറയാക്കാതെ നിങ്ങൾ പേടിക്കാതെ ശബ്ദമീർത്തി പ്രാർത്ഥിച്ചടേ പ്രിയമുള്ള ചെറുപ്രകാരം ആരെങ്കിലും ഒന്ന് രണ്ടോ പേർ थैंक यू Thank you, Lord. Amen. Amen. Would you like to pray for us? Lord, she says. Amen. Amen. What do you have done with the Pentatechical Code? What do you have done with the Pentatechical Code? Yes, Lord, Jesus. <coughs> yes, Lord. Amen. Previta we in the day three, you don't know. I'm going to stay at all. ഹൃദയം തുടപ്പെട്ടവരായി ഈ കുഞ്ഞുങ്ങൾ ഇവിടെ നിന്ന് കടന്നു പോകുവാനും ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങ് ക്രൂശില്യാകമായി തീർന്നത് കർത്താവെ അതിനു മുമ്പ് അങ്ങയുടെ മുപ്പത് വർഷം കർത്താവ് ഈ ഭൂമിയിൽ അങ്ങ് കർത്താവെ ഒരു പാപം ചെയ്യാതെ ജീവിച്ച ജീവിതം കർത്താവെ അത് അങ്ങയുടെ ശുശ്രൂഷ അങ്ങ് കാൽവരി ക്രൂശൽ യാഗമായി തീർന്നതെല്ലാം ഞങ്ങളെ രക്ഷിക്കുവാനും ഞങ്ങൾക്ക് കർത്താവെ ഒരു നല്ല ജീവിതം നൽകുവാനും വേണ്ടിയാണല്ലോ അങ്ങയുടെ സ്നേഹത്തിൻ്റെ മുമ്പാകെ ഞങ്ങളുടെ ജീവിതത്തെ അടിയറുവെക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കുന്നത് പ്രത്യേകിച്ച് ഈ ചെറുപ്പക്കാർക്ക് ഒരു നല്ല തുടക്കത്തെ അങ്ങ് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇന്ന് ശബ്ദമായി പ്രാർത്ഥിക്കുക ഹൃദയത്തിൽ നിന്ന് അങ്ങയോട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ എല്ലാ ചെറുപ്പക്കാരെയും സന്ദർശിക്കണമേ പ്രാർത്ഥിക്കുന്നു വീണ്ടും ജനനത്തിൻ്റെ ഉറപ്പ് അവർക്ക് നൽകണമേ കർത്താവെ ഒരു പുതിയ ജീവൻ അവർക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവരുടെ ഹൃദയത്തിൽ കർത്താവെ അങ്ങയുടെ ജീവൻ ആ നവ്യ ജീവൻ കർത്താവെ അവർക്ക് ദൈവവചനം വായിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ ആത്മീയ കൂട്ടായ്മയ്ക്കായിട്ട് സഭാ ജീവിതത്തിൽ കർത്താവെ ഒരു മെക്കാനിക്കലായിട്ടുള്ള ജീവിതത്തിന് പകരം കർത്താവെ ഉള്ളത്തിൽ നിന്ന് കർത്താവെ മാംസമായ ഹൃദയത്തിൽ നിന്ന് സ്നേഹത്തോടെ അങ്ങേ പിൻപറ്റുന്ന ഒരു ജീവിതത്തിലേക്ക് വ്യക്തിപരമായി അങ്ങേ അറിയുന്ന ഒരു ജീവിതത്തിലേക്ക് അങ്ങ് നടത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഒരു തലമുറയെ അങ്ങേ അറിയുന്ന ഒരു തലമുറയെ കർത്താവെ അങ്ങ് എഴുന്നേൽപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശു നാമത്തിൽ തന്നെ